ോന്തസുഖോ തജ്യോതിരേ സോ ബ്രഹ്മ നിർവാണൂധിഗർതിര യാ സോ ബ്രഹ്മനിർണം ബ്രഹ്മഭൂ അന്ത അത്മനി സുഖം സ അന്തസ്സുഖ അന്തരേവ ആത്മനി ആരാമ ആരമ കീടാറാമ തോതി പ്രകോയോതി യോഗീ ബ്രഹ്മനിർണം ബ്രഹ്മണി നിവൃത്തി ജീവനേവ ബ്രഹ്മഭൂതഹാസൻ അധികോതി യോ അന്തസ്സുഖ ആ സത്യത്തിനെ ഹൃദയത്തിൽ കണ്ടെത്തിയ ആത്മജ്ഞാനിക്ക് സുഖം അന്തരംഗത്തിൽ ആത്മാവിൽ തന്നെ സുഖം നമ്മൾക്ക് സാധാരണ ആരെങ്കിലും ഒരാൾ കൂട്ട് വേണം ലോകത്തിൽ അല്ലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ കൂട്ടിന് ഒരാൾ ഉണ്ടെങ്കിൽ നല്ലതാണ് തനിയെ ഇരിക്കാൻ വയ്യ അങ്ങനെ ഇരിക്കുമ്പോ ഇയാൾക്ക് കൂട്ടാരാണ് ആത്മാ തന്നെ കൂട്ടും അന്തരാരാമ ഉപനിഷത്ത് അങ്ങനെ ജ്ഞാനികളെ വാഴ്ത്തുമ്പോ പറയുന്നു ആത്മാ പുരസ് ആത്മാ പശ്ചാത്മാിണത ആത്മോത്തര ആത്മൈവേദം സസ്വരാഡ് സ ആത്മകീഡ ആത്മുന ആത്മാനന്ദ ആത്മക്ീഡാ ആത്മുന ആത്മാനന്ദ എന്നൊക്കെ പല പേരുകളും പറയണം ആത്മാവിൽ കളിക്കുന്നു ആത്മാവിനെ കൂട്ടുപിടിച്ച് സുഖമനുഭവിക്കുന്നു ആത്മമിഥുന ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നു ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ ആത്മാപുരസ്ഥാദ് ആത്മാവശ്ചാദ് ആത്മാദക്ഷിണത ആത്മോത്തരത ഇങ്ങനെയൊക്കെ കണ്ടിട്ട് സസ്വരാട്വതി സർവേഷു ലോകേഷു കാചാരോഭവതി അയാൾ സ്വാരാജ്യ സിംഹാസനത്തിലിരിക്കുകയും എവിടെയും സ്വച്ഛന്തമായി ഒരു തടസ്സമില്ലാതെ ആനന്ദമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തുവില്ല കണ്ണാടിയിൽ നോക്കി പ്രതിബിംബം കാണുന്ന പോലെ സർവത്ര എവിടെ ദൃഷ്ടി വീണാലും ആത്മദർശനമാണ് അപ്പോ കണ്ണടച്ചിരുന്നാലും കണ്ണു തുറന്നിരുന്നാലും ഒക്കെ സമം തന്നെ യോ അന്തർസുഖാ അന്തരാരാമഹ തഥാ അന്തർജ്യോതി അയാൾക്ക് അറിവെവിടെയാ ഉള്ളിൽ തന്നെയാണ് പുറത്ത് ഒരു അറിവിനെയും അയാൾക്ക് ആശ്രയിക്കേണ്ട ഒരു പുസ്തകവും അയാൾക്ക് വേണ്ട ഒരു പ്രമാണവും അയാൾക്ക് വേണ്ട വാഗ് വിവൃതാശ്വവേദാഹ ശ്രുതി പറയണത് വായു തുറന്നാൽ വേദമാണെന്നാണ് അയാൾക്ക് വേദമെന്ന് പറഞ്ഞ് ഇനി ഒരു പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല വാഗ് വിവൃതാശ്വവേദാഹം ബാഹ്യമായി വേദമെന്ന് പറഞ്ഞ് ശാസ്ത്രമെന്ന് പറഞ്ഞ് കാണാതെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേദാനഭിസന്യസ്യതി ലോകാൻ സന്യസ്യതി അയാള് വേദത്തിനെയും കടന്നുപോയി നിസ്ത്രൈഗുണ്യോഭവാർജുന വാഗ്വിവൃതാശ്രവ വേദാഹ വായു തുറന്നാൽ വേദമാണ് കാരണം എന്താ അവിടെ മനസ്സില്ലാത്തതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും എന്തു വരുന്നുവോ അത് വേദമായിട്ട് മാറുക അപ്പോ അന്തഃസുഖാം അന്തരാരാമഹാം തഥാ അന്തേവ ആത്മനീയേവ പ്രകാശായസ്യ അയാൾക്ക് ഉള്ളിലാണ് വെളിച്ചം നമുക്ക് പുറത്താണല്ലോ വെളിച്ചം അല്ലേ മുമ്പൊക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു യോഗി ഒരു അവധൂതൻ ഒരു അഗ്രഹാരത്തിൽ താമസിച്ചിരുന്നു അഗ്രഹാരത്തിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് അവര് ധർമ്മശാസ്ത്രം വേദാധ്യയനവും ശാസ്ത്രാധ്യയനവും ഒക്കെ ചെയ്ത് എല്ലാ ദിവസവും ചർച്ചകളും ഡിസ്കഷൻസൊക്കെ നടക്കും അതേപോലെ വേദാന്ത വിഷയമായിട്ടുള്ള കാര്യങ്ങളും അവര് ഗംഭീരമായി തർക്കിക്കലും ചർച്ച ചെയ്യലും ഒക്കെ ചെയ്യും ആരും ഉള്ളിൽ കടന്ന് ഉള്ളിൽ ആ സുഖത്തിനെ കാണാൻ ശ്രമിച്ചവരാരും ഇല്ല ഒക്കെ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലും തർക്കിക്കലും ഒക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ അവധൂതൻ അദ്ദേഹം ഒരു ചെറിയൊരു കുടിലിന്റെ ഉള്ളിൽ താമസിക്കാണ് ഒരു ദിവസം രാവിലെ മുതൽ ആ അഗ്രഹാർ തെരുവിൽ ഇങ്ങനെ എന്തോ അന്വേഷിച്ച് നടക്കേണ്ടത് അപ്പൊ ഒരാൾ ചോദിച്ചു എന്താ അന്വേഷിക്കണം ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കയ്യിൽ ഒരു മോതിരണ്ടായിരുന്നു ഇവിടെ എവിടെയോ വീണു അത് അന്വേഷിക്കാണ് അവര് കുറച്ചു നേരം അവരും കൂടെ ചെന്ന് നോക്കി പിന്നെ കിട്ടിയില്ല അവര് പോയി വരുന്നവരൊക്കെ ചോദിക്കുകയും ഇയാളുടെ കൂടെ തെരയുകയും ചെയ്തു കുറെ വൈകുന്നേരം ആവുന്നവരെ അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് വല്ലതോ ഓർമ്മയുണ്ടോ ഈ മോതിരം എവിടെയാ വീണതോ വല്ലതോ ഓർമ്മയുണ്ടോ അയാൾ പറഞ്ഞു ഞാൻ താമസിക്കുന്ന മുറിയുടെ ഉള്ളിലാണോ അപ്പൊ മുറിയുടെ ഉള്ളിൽ വീണ സാധനത്തിന് ഈ തെരുവിൽ വന്ന് അന്വേഷിച്ചാൽ കിട്ടുമോ അപ്പൊ അയാൾ പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മുറിയുടെ ഉള്ളിൽ ഇരുട്ടാണ് എവിടെ വെളിച്ചമുണ്ട് അതുകൊണ്ട് വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ അന്വേഷിക്കുകയാണ് ഇതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ഇപ്പൊ ഭ്രാന്തനായിട്ട് കണക്കാക്കിയിരിക്കുന്നത് മുറിയുടെ ഉള്ളിൽ വെളിച്ചമില്ലെങ്കിലും അവിടെയാണോ മോതിരം ഉള്ളതെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ടുപോയി അന്വേഷിക്കണം അല്ലാതെ വെളിച്ചം ഇപ്പൊ ഈ തെരുവിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മോതിരം കിട്ടില്ല ഇവിടെ വെളിച്ചം ഉണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചാൽ കിട്ടുമോ അപ്പൊ അദ്ദേഹം ചിരിച്ചു കൊണ്ട് പറഞ്ഞു കിട്ടില്ല അല്ലേ കിട്ടില്ല അതാണ് ഞാൻ നിങ്ങളോടും പറയണത് നിങ്ങൾ അന്വേഷിക്കുന്ന സുഖം അല്ലെങ്കിൽ ബ്രഹ്മം എന്തൊക്കെയോ ശാസ്ത്രത്തിലൊക്കെ പറയണുണ്ടല്ലോ നിങ്ങളൊക്കെ ചർച്ച ചെയ്യണുണ്ടല്ലോ ആ വസ്തു ഉള്ളിലാണോ ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രകാശമില്ല നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം പക്ഷെ നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം ഉള്ളതെന്ന് വെച്ചിട്ട് അത് കിട്ടുവോ ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം കൊണ്ടുപോയി അന്വേഷിക്കണമെന്നല്ലാതെ നിങ്ങൾക്ക് പുറമേക്ക് പ്രകാശം ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ അന്വേഷിച്ചാൽ അത് കിട്ടില്ല അന്തർജ്യോതിരേവയ ഉള്ളിൽ അന്വേഷിച്ച് വേണം കാണാം ഒരു അവതൂത് ഒരു സിദ്ധൻ ശിവവാക്യർ എന്ന തമിഴ് സിദ്ധൻ അദ്ദേഹം കുറെ ദിവസമായി ഒരാളെ കണ്ടുകൊണ്ടിരുന്നു അയാൾ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആലുമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും ശിവലിംഗത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും എന്തൊക്കെയോ മന്ദരം ജപിക്കുന്നുണ്ട് കുറേയൊക്കെ ജപിക്കുന്നുണ്ട് കുറെ കാലമൊക്കെ ഉണ്ടാതിരുന്നു കുറെ കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇയാളുടെ സ്വഭാവമൊന്നും മാറണമില്ല ശാന്തി ഉണ്ടാവണമില്ല ഒരു ശിവലിംഗത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് എന്തോ മുണുമുണും ജവിക്കേണ്ട അത് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടും പല വിധത്തിലും ആവും അപ്പോ ഈ ശിവവാക്യർ അയാളോട് ചോദിക്കുകയാണ് നട്ടക്കല്ല് പേശുമാൻ ആഥനുള്ളിരുക്കയിൽ ചുറ്റി വന്തു മുണു മുണുന്ന് ചൊല്ലും മന്ത്രമേതട ചു ചുട്ട ചട്ടിച്ചട്ടുകം കറിച്ചുവൈ അറിയുമോ വളരെ ശക്തമായ വാക്കാണ് നട്ടക്കല്ല് പേശുമാൻ ആഥനുള്ളിരുക്കയിൽ സുത്രിവന്തു മുണു മുണുന്ന് ചൊല്ലും മന്ത്രമേതട ഈ നട്ടുവെച്ച കല്ല് നമ്മൾ വർത്തമാനം പറയൂ നാഥനുള്ളിരുക്കയിൽ സുത്രിവന്ത് മുണുമുണുന്ന് ചൊല്ലും മന്ത്രമേതട എന്തോ മുണുണെന്ന് എന്തോ എന്ന് പറയണ്ടല്ലോ എത്ര കാലമായി പരിപാടി തുടങ്ങിയിട്ട് അപ്പൊ വളരെ ശക്തമായി പറയാം ഉള്ളിൽ അന്തർജ്യോതിരേവയാഹ ഉള്ളില് അകമേയ്ക്കന്വേഷിച്ച് അകമേയുള്ള അറിവിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവന് ഭഗവത് പ്രാപ്തി ഉണ്ടാവുന്നത് സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിക അങ്ങനെ ഉള്ളിൽ തന്നെ വെളിച്ചമും ഉള്ളിൽ തന്നെ ആനന്ദമും ഉള്ളിൽ തന്നെ തനിക്ക് കൂട്ടുകാരനും വെളിയിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു സ്റ്റേറ്റ് ഒരാൾക്ക് വന്നാൽ അയാൾ സ്വയമേവ ജീവിച്ചിരിക്കുമ്പോ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ സ്വയമേവ ബ്രഹ്മമായി ബ്രഹ്മ ബ്രഹ്മസ്വരൂപമായി ഇരുന്നുകൊണ്ട് ബ്രഹ്മത്തിനെ പ്രാപിക്കും ബ്രഹ്മഭൂത ബ്രഹ്മനിർവാണം അധികം യഥാ നദ്യഹ ശ്രുതി പറയണത് എങ്ങനെയാണ് നദികളൊക്കെ പോയി സമുദ്രത്തിൽ ചേർന്ന് നാമരൂപം പോലെ സത്യത്തിനെ കാണുന്നവരും നാമരൂപമില്ലാതായി പരമപുരുഷനെ അറിയുന്നു യഥാ നദ്യമാന സമുദ്രേ അസ്തം ഗി നാമൂപേ വിഹായ തധാ വിദ്വാൻ നാമൂപുമുക്രാത്പരം പുരുഷം ഉപൈതി ദിവ്യം പരാത്പരനായ പുരുഷനെ പരമേശ്വരനെ പുരുഷോത്തമനായ ഭഗവാനെ ഹൃദയത്തിൽ അറിയുന്നു അപ്പോ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗതി ബ്രഹ്മഭൂതനായിട്ട് തീർന്ന് ബ്രഹ്മനിർവാണം നിർവാണം എന്ന് വെച്ചാൽ ഇല്ലാതായിട്ട് തീരുക എന്നർത്ഥം കർപ്പൂരം അഗ്നിയില് വീണിട്ടില്ലാതാവുന്ന പോലെ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗതി ഭഗവത് സ്വരൂപത്തിൽ തന്നെ ഇല്ലാതാക്കി തീർത്ത് ജീവന്യേവ ബ്രഹ്മഭൂതസ്സൻ അധികാതി അടുത്ത ശ്ലോകം ലഭന്ദേ ബ്രഹ്മ ഋഷയക്ഷീണകൾമഷാ ഛിന്നവൈതാത്മാനൂതരേ ബ്രഹ്മനിർവാണു മോക്ഷം ഋഷയ സമ്യദർശി ക്ഷീണകൾമഷാ ക്ഷീണപാപാഹ നിർദോഷാഹചിന്ന സംശയാ സകല സന്ദേഹങ്ങളും സംശയങ്ങളും അസ്തമിച്ച് നിയത ചിത്തത്തോടുകൂടിയിട്ടുള്ള യതികൾ അഥവാ ഭക്തന്മാർ ബ്രഹ്മനിർവാണത്തിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കുന്നു അവർ ഋഷികളാണ് ക്ഷീണകൽമശാഹ കൽമഷം എന്ന് വെച്ചാൽ കാമക്രോധലോപ മോഹമതമാത്സര്യാദി വേഗങ്ങൾ നമ്മളെ പാപം ജയിപ്പിക്കുന്നതും വെളിയിലേക്ക് തള്ളിവിടുന്നതും മനസ്സിനെ ശാന്തമായിരിക്കാൻ അനുവദിക്കാതിരിക്കുന്നതുമായ ഇന്നർ ഡിസ്റ്റർബൻസസ് അത് മുഴുവൻ അടങ്ങിപ്പോകുന്നു അടങ്ങിപ്പോയിട്ടുള്ളവർ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവര് ബ്രഹ്മാനുഭവം നേടുന്നു ലഭന് ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഹിഹ്നൈതാഹ ദ്വിതീയത്വം സംശയം ദ്വൈതഭാവം ഒക്കെ വിട്ടുപോയി സകല സന്ദേഹങ്ങളും പോയി അവരുടെ അഹങ്കാരം തന്നെ ഇല്ലാതായിട്ട് ഞാൻ എൻ്റെ എന്നുള്ള ഭാവമൊക്കെ പോയി അവർ തന്നെ ഭഗവാൻ്റേതായി കഴിഞ്ഞു അവർ തന്നെ ഭഗവാന്റെ സ്വത്തായിക്കഴിഞ്ഞു അവരുടെ ചുമതല ഭഗവാന്റെ ആയിക്കഴിഞ്ഞു അവർക്ക് അവരുടേതായ ജീവിതമില്ല അവര് ലഭന്തേ ബ്രഹ്മനിർവാണം ബ്രഹ്മനിർവാണം അവർക്ക് കിട്ടുന്നു എന്നാണ് കിട്ടുന്നു എന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടുന്നു നേടിയെടുക്കണോ എന്നല്ല പറഞ്ഞത് ലഭന്തേ എന്നാണ് നേടിയെടുക്കുന്നതിനും ലഭിക്കുന്നതിനും വ്യത്യാസമുണ്ട് നേടിയെടുക്കുന്നത് എന്റെ പരിശ്രമം കൊണ്ടാണ് ഞാനവിടെ നിന്നുകൊണ്ടാണ് അത് നേടിയെടുക്കുന്നത് ലഭന്ത കിട്ടുകയാണ് കിട്ടൽ എങ്ങനെയാ സ്വയം തന്നിൽ ഉള്ള ബ്രഹ്മനിർവാണത്തിനെ കാണുകയാ ബ്രഹ്മനിർവാണം പുറത്തു നേടുകയല്ല ബ്രഹ്മനിർവാണം നമ്മളുടെ സ്വരൂപമാണ് വൈകുണ്ഠക്കേണ ദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവത് ബാധിച്ചിട്ട് തദ്വൃത്തിനാം നിരോധ സഹജശയനവത്തത്രക്കൂവാ പ്രമോദ എവിടെയെങ്കിലുമൊക്കെ ഒരു വൈകുണ്ഠത്തിലേക്കോ കൈലാസത്തിലേക്കോ സ്വർഗത്തിലേക്കോ എവിടെങ്കിലും പോകണമെന്നില്ല വൈകുണ്ഠം ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഒരു വിഘ്നവുമില്ലാതെ തന്നില് തന്റെ തന്നെ അന്തര്യാമി തന്റെ തന്നെ സ്വരൂപം ഒരു കുണ്ഠമുമില്ലാതെ കുണ്ഠമെന്ന് വെച്ചാൽ സംശയം അതാണ് ചിഹ്നദ്വൈത ഒരു കുണ്ഠമുമില്ലാതെ പ്രകാശിക്കുമ്പോ അത് വൈകുണ്ഠമായിട്ട് തീരും ഇവിടെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അവര് വൈകുണ്ഠത്തിനെ അനുഭവിക്കാം കൈലാസത്തിനെ അനുഭവിക്കാം പരമപഥത്തിനെ അനുഭവിക്കാം സത്യലോകത്തിലിരിക്കാം ഏഷ ബ്രഹ്മലോക ബ്രഹ്മലോകത്തിലിരിക്കാം അവർക്ക് അന്യമായൊരു വസ്തുവില്ല എത്രന അന്യത് പശ്യതീ നാനൃശൃണോതി നാനൃദ്വിചാനാതീ ലഭന്റേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമാഹ ചിഹ്നദ്വൈത യഥാത്മാനഹ സർവഭൂതഹിതേരതാഹ അതിനുശേഷം അവര് ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അവർക്ക് അവരുടേതായ ജീവിതമില്ല ഒന്നും നേടിയെടുക്കാനുമില്ല അങ്ങനെയുള്ള ജീവൻ മുക്തൻ ശ്വാസപ്രശ്വാസം ചെയ്യുന്നത് പോലും ലോകഹിതത്തിന് വേണ്ടിയിട്ടാണോ ലോകമംഗളത്തിന് ആ ശരീരം കൊണ്ട് ഇനി അവർക്കൊന്നും നേടിയെടുക്കാനായിട്ടില്ല സർവഭൂതഹിതേരതാഹ സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാവട്ടെ എന്ന് ഉള്ള ഒരു കരുണ ആ കരുണയും അവരുടേതല്ല ഈശ്വരൻ്റെതായ കരുണ അവരിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ് ആ ശരീരത്തിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ് ഭഗവാന്റെ കാരുണ്യശക്തി ഭഗവാന്റെ അരുള് ഭഗവാന്റെ കരുണ ഭഗവാന്റെ കൃപ ആ ശരീരത്തിലേക്ക് കുടിയേറി പ്രാപിച്ച് കുടിയേറിപ്പാർത്ത് അരുൾ വടിവേന്തി അലഞ്ഞിടുന്നു യോഗി ആ യോഗിക്ക് തന്റെ ശരീരം അല്ല അപ്പൊ ധരിക്കണത് അരുൾ വടിവേന്തി എന്നാണ് അരുൾ അരുൾ ശരീരത്തിനെ ധരിച്ചുകൊണ്ട് കരുണാശരീരത്തിനെ ധരിച്ചുകൊണ്ട് കുറച്ചു കാലം കൂടെ നിൽക്കും ആ ലോകത്തിലെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഒന്നും തനിക്കൊന്നും ചെയ്യാനില്ല എപ്പോഴും എനിക്കൊരു എക്സാമ്പിൾ തോന്നും ചിലപ്പോ ചേരിലായിരിക്കാം മഹാഭാരത യുദ്ധത്തിലെ ഗഡോൽഗജൻ അവസാനം കർണൻ ആ വേലങ്ങടെ എറിഞ്ഞു കഴിഞ്ഞു അപ്പൊ താൻ ചാവാൻ പോവാണ് ആ ചാവണ് സ്ഥിതിയില് തന്റെ ശരീരത്തിനെ ഭീമാകാരമാക്കിയിട്ട് അങ്ങോട്ട് കൗരവ സൈന്യത്തിന്റെ മേത്തേക്ക് വീഴും അവസാനം താൻ മരിച്ചു പോകുമ്പോഴും ആ ശരീരത്തിനെ പോലും തനി എന്താ പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തിനെ ഭീമാകാരമാക്കി വളർത്തിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞ ശരീരം പോലും ഒരു കൈങ്കര്യം ചെയ്തിട്ട് മരിച്ചു പോവുകയാണ് അതുപോലെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കഴിഞ്ഞ ജീവൻ ശരീരം വസന്തവത്ത് ലോകഹിതം ചരന്ത വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു അതെങ്ങനെയാണ് ആ ശ്ലോകം തുടങ്ങണത് ശാത്ത മഹാത്ത നിവസന്തി സന്ത വസന്തോകം ചരന്ത തീർണസ്വയം ഭീമഭവാർണവം ജനൻ അഹേതുനവി തരയന്ത നിവസന്തി ബ്രഹ്മനിർണത്തിനെ പ്രാപിച്ച ജാനി എങ്ങനെ ഇരിക്കുന്നു ശാ മഹാത ശാന്തിയെ നേടിക്കഴിഞ്ഞു തനിക്കിനിയൊന്നും നേടാനില്ല മഹാന് നിവസന്തി സന്ത അങ്ങനെയുള്ള സന്തുക്കൾ എപ്പോഴും ഉണ്ടെന്നാണ് വസന്തവത് ലോകഹിതം ചരന്ത വസന്തകാലം വരുമ്പോ എല്ലായിടത്തും പൂ പൂക്കുന്നതും സുഗന്ധം പരക്കുന്നതും പോലെ ലോകഹിതത്തിനായി ചരിക്കുകയും തീർണാസ്വയം ഭീമഭവാർണവം ഈ ഭയങ്കരമായി സംസാര സമുദ്രത്തിനെ തരണം ചെയ്തിട്ട് സ തരത്തി സ തരതി സ അന്യാനപി താരയത്തി എന്ന് നാരദഭക്തി സൂത്രം സ തരത്തി സതരത്തി സ അന്യാനപി താരയത്തി എന്നാണ് തീർണാസ്വയം ഭീമഭവാർണവം ജനാന് അഹേതുന ഒരു ഫല കൂടാതെ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടാതെ അന്യാനപിതാരയന്ത മറ്റുള്ളവരെയും ഈ മാർഗത്തിൽ പിടിച്ചു പരമപഥത്തിനെ കാണിച്ചു കൊടുക്കുകയും ഭഗവത് അനുഭവത്തിനെ നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ് ആത്മീയ്ക്ക് മാനസരാമായണത്തില് ഒരു കഥ പറയാതെ മാനസരാമായണത്തിലുണ്ടോ അല്ല കൂടെ ചേർത്തി പറയേണ്ട കഥയാണോ എന്ന് എനിക്കിപ്പോ ശരിക്കും ഓർമ്മയില്ല ഗുഹൻ തോണി കിടക്കാൻ നിൽക്കുമ്പോ തോണി കടത്തിവിടുമ്പോ രാമൻ പറഞ്ഞു എനിക്ക് അങ്ങയ്ക്ക് തരാനൊന്നുമില്ലല്ലോ ഒരു കടത്തുകാരന് വല്ലതും കൊടുക്കണ്ടേ കടത്തുകാരന് വല്ലതും കൊടുക്കണ്ടേ അപ്പൊ ഗുഹൻ പറയാണ് ഒരേ ജോലി ചെയ്യുന്നവര് ഒരു കടത്തുകാരൻ മറ്റൊരു കടത്തുകാരന്റെ അടുത്ത് കടത്തുകൂലി വാങ്ങിക്കാറില്ല ഞാനങ്ങ് നദി ഈ ഗംഗ കടത്തി പകരമായി അവിടുന്ന് ഈ സംസാര സമുദ്രവും കടത്തിവിട്ടാൽ മതി എന്നാണ് അഹേതുനപിതാരയന്ത ഒരു ഹേതുവും ഒരു ഫലേച്ഛയും കൂടാതെ തരണം ചെയ്യിപ്പിക്കുക അതിനുവേണ്ടി ആ ശരീരം സർവഭൂതഹിതേരഥാ ലോകമംഗളത്തിനായിട്ട് വേണ്ടി ആ ശരീരം നിലനിൽക്കുന്നു അടുത്ത ശ്ലോകം കാമക്രോധിയുക്താം യേതസാം അഭിദോ ബ്രഹ്മനിർവാണം കാമ്രോധവിയുക്തചേതസം സംയ സംയത അഭി ഉഭയത ജീവതം മൃതനിർവാണ മോക്ഷ വർത്തേ വിദന വിാതെ ആത്മാത്മന തത്മന സമ്യക്ദർശന മക്രോധഭിയുക്താനാം യതീനാം യഥചേതസാം ആരെയാണ് യതികൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആരുടെ ഉള്ളിൽ നിന്നും സമ്പൂർണമായും കാമവും ക്രോധവും പോയോ ആരുടെ ചിത്തം നിയമ നിയമിതമായിട്ടിരിക്കുന്നുവോ അവർക്ക് അഭിതഹാ ബ്രഹ്മനിർവാണം വർത്തതെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ അവര് ബ്രഹ്മനിർവാണം നേടിയവരാണ് ഇനി ശരീരം വീണുപോയാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല ജീവതോ യൈവല്യം വിദേഹേ സ ച കേവല യത് കിഞ്ചിത് പശ്യത്തോ ഭേദം ഭയം ബ്രൂത്തെ യജുശ്രുതി എന്ന് വിവേകചുടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു കാര്യം പറഞ്ഞു ജീവതോ എസ് കൈവല്യം ശരീരത്തോടെ ഇരിക്കുമ്പോൾ അയാൾ കൈവല്യത്തിനെ നേടിക്കഴിഞ്ഞു ജീവതോയസ് കൈവല്യം വിദേഹേ സച്ച കേ അയാള് ശരീരം വീണു കഴിഞ്ഞാലും അവൻ കേവലനാണ് അയാൾക്ക് അന്യമായൊന്നുമില്ല ഏകവും അദ്വയവും ആനന്ദസ്വരൂപവുമായ ഒരു വസ്തു മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോ തന്നെ അയാൾക്ക് ദ്വൈതപ്രപൃത്തി ഇല്ല സകലതും ഒരേ വസ്തുവായി ഒരേ ഭഗവത് സ്വരൂപമായി അറിയുന്നവന് യത്കിഞ്ചിത് പശ്യതോ ഭേദം ഉദരമന്തരം കുറുത്തെ അതതസ്യ ഭയംഭവത്തി എന്ന് തൈത്തിരിയ ശ്രുതി പറയുന്നു ഇപ്പമെങ്കിലും അന്തരം കാണുന്നത് വരെ ഭയം ഉണ്ടാവുന്നു ഇയാൾക്ക് ഭയവും വിട്ടുപോയി അതുകൊണ്ട് ശരീരമരിക്കുമ്പോൾ തന്നെ ബ്രഹ്മനിർവാണ സുഖത്തിനെ അനുഭവിക്കുന്നവന് അയാൾക്ക് ചുറ്റും ബ്രഹ്മനിർവ്വാണ സുഖം തളങ്കെട്ടി നിൽക്കുമെന്നാണ് അഭിതോ ബ്രഹ്മനിർവാണം വർത്തദേ വിദിതാത്മാനാം വേറെ ചില വൃത്തികാരന്മാരുടെയൊക്കെ വ്യാഖ്യാനം അങ്ങനെയാണ് സ്വയം ജ്ഞാനത്തിനെ നേടിയ ജ്ഞാനികളുടെ സന്നിധിയില് ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം വരുന്ന പോലെ വേനൽ ചൂടിൽ നിന്നും ഒരു തണുപ്പുള്ള ഒരു മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എങ്ങനെ പെട്ടെന്ന് വ്യത്യാസം അറിയുന്നു അതുപോലെ ലൗകികമായ അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാന തപോനിഷ്ഠനായ ഒരാളുടെ സന്നിധിയിൽ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിച്ച യോഗിയുടെ സന്നിധിയിൽ ബ്രഹ്മനിർവ്വാണം തളങ്കെട്ടി നിൽക്കുമെന്നാണ് അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ആത്മജ്ഞാനികളുടെ അഭിതഹ എന്ന് വെച്ചാൽ ചുറ്റുമെന്നർത്ഥം മുൻപിലെന്നർത്ഥം ബ്രഹ്മനിർവാണം വർത്തതേ ബ്രഹ്മനിർവാണം അവരുടെ മുമ്പിലുണ്ട് അഥവാ തന്നെ ഈ സത്യം അറിഞ്ഞവർക്ക് ബ്രഹ്മനിർവാണം വളരെ സുലഭമാണ് അവർക്ക് സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ് അവസാന സമയത്ത് മഹാസമാധിക്ക് മുമ്പ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം വേലൂർ മഠത്തിൽ സന്യാസികളൊക്കെ ഇരിക്കുമ്പോ സ്വാമി മരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരത്ചന്ദ്ര എന്ന ശിഷ്യനോട് പറഞ്ഞു എവിടെയാണ് ഈ ബ്രഹ്മത്തിനെ അന്വേഷിക്കുന്നത് ഇവിടെ ഉള്ളത് മുഴുവൻ അതാണ് മുമ്പിൽ സുവ്യക്തമായിട്ട് ഞാൻ കാണുന്നു ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല സകലതും ബ്രഹ്മമാണ് അകമയ്ക്ക് അപരോക്ഷമായി ഞാൻ അതിനെ കാണുന്നു പുറത്തു മുഴുവൻ ഉള്ളത് അതാണ് അതല്ലാതെ മറ്റൊരു വസ്തുവില്ല കുഞ്ഞെ എന്ന് പറഞ്ഞു ആനന്ദത്തിൽ അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സഹോദര സന്യാസി രാമകൃഷ്ണദേവന്റെ മറ്റൊരു ശിഷ്യനായ ഒരു സ്വാമി പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലെ പൂജാപാത്രമൊക്കെയായിട്ട് ആ പൂജാപാത്രമൊക്കെ ചോട്ടിലിട്ടിട്ട് നിന്നിടത്ത് ചിത്രം വരച്ചു വെച്ച പോലെ കുറച്ചു നേരത്തേക്ക് ഈ വാക്കുകൾ കേട്ടിട്ട് സർവ്വവും മറന്ന് ലോകം മറന്ന് സമാധിസ്ഥിതനായിട്ട് നിന്നുപോയി ആ വാക്കിൽ അത്രയധികം ധ്വനിയുമുണ്ട് സ്വയം തന്റെ മുമ്പിൽ അത് കാണുന്നു ലെറ്റർ ലുക്ക് എഴുതുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാത്രം നമുക്ക് അടുത്ത കാലത്തിൽ കാണാവുന്നതില് ഒരു കാര്യം മരണത്തിന് മുമ്പിൽ കാണുന്നതും മരണം ഞാൻ നാൽപ്പത് വയസ്സ് പേരെ ഇരിക്കില്ലെന്നും ഞാൻ എന്റെ മുമ്പിൽ ബ്രഹ്മനിർവ്വാണത്തിനെ കാണുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ അനന്തതയിൽ ഇല്ലാതായിട്ട് തീരുമെന്നും ഒക്കെ കത്തുകളിൽ എഴുതുന്നുണ്ട് ആ ഏഴു വാളിയത്തിലെ എപ്പിസിസ് എന്ന് പറഞ്ഞിട്ട് ആ കത്തുകൾ വരും ആ കത്തുകളിൽ എഴുത്തുകളിലൊക്കെ കാണാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എഴുതുന്ന കത്തുകളിൽ കാണാം ഞാൻ ഇപ്പോൾ ഇല്ലാതായി പോകുന്ന പോലെ എന്റെ മുമ്പിൽ ആ സത്യത്തിനെ ഞാൻ കാണുന്നു നിത്യനിരന്തരമായി സത്യത്തിനെ ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കത്തുകളിലൊക്കെ കാണാം ഞാൻ നാൽപ്പത് വയസ്സ് വരെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയണതൊക്കെ ആ കത്തുകളിൽ കാണാം അപ്പോൾ ബ്രഹ്മനിർവ്വാണ സുഖം സത്യദർശികളുടെ മുമ്പില് സുവ്യക്തമാണ് അപരോക്ഷമാണ് അങ്ങനെ കാമക്രോധവിയുക്താനാം യതീനാം യഥചേതസാം അഭിതഹ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം ആത്മതത്വം അറിഞ്ഞവർക്ക് രാഗദ്വേഷങ്ങളൊക്കെ ശമിക്കുമ്പോ ശരീരമിരിക്കുമ്പോ തന്നെ ബ്രഹ്മനിർവാണ സുഖം അനുഭവത്തിൽ വരുന്നു രാഗദ്വേഷം ഒന്നും ശമിച്ചിട്ടില്ലെങ്കിൽ ആത്മതത്വം അറിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോ ബ്രഹ്മനിർവാണ സുഖം അറിയില്ല സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ അല്പ ഒരു കാര്യമുണ്ടെന്നാണ് കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി സുഖി സുഖിപ്പാൻ വരം ത എന്നൊക്കെ നാരായണ സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ പാടുന്നുണ്ട് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി മനസ്സിൽ അജ്ഞാനം നീങ്ങി ദിനകരനുദയം ചെയ്തു എന്നാണ് സൂര്യൻ ഉദിച്ചു തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കുവാൻ എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ പൂർണ്ണമായി ഹോമിച്ചു ഹോമിച്ച് ഹോമിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാക്കുവാൻ അൽപ്പം തിരി പണിയുണ്ടെന്നാണ് പൂർണ്ണമായി മനസ്സ് ശമിച്ച് ആനന്ദത്തിൽ ഇരുന്ന ആനന്ദത്തിന് നുകരണം ആനന്ദത്തിനെ അനുഭവിക്കണം ആ അനന്തം അനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമായ ആനന്ദം തൃപ്തി സന്തോഷം ഉണ്ടാവണത് അതിന് കാമം ക്രോധം ഉള്ളതൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശ്രമിച്ച് ജ്ഞാനം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വന്ന് ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഭഗവാനെ അനുഭവിക്കാം അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞല്ലോ തുകാറാം ഇങ്ങനെ അവസാന കാലത്ത് തെരുവുകളിലൊക്കെ ചുറ്റി നടക്കും ആ തമ്പരവും വെച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഭ്രാന്ത് പോലെ ഇങ്ങനെ നടക്കുക അദ്ദേഹം എവിടെയൊക്കെയാന്ന് വെച്ചാൽ ലക്ഷ്യമൊന്നുമില്ല അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ കാര്യമായി എന്തോ എടുക്കാൻ പോകുന്ന പോലെയോ എവിടെയോ ആരെയോ കാണാൻ പോകുന്ന പോലെയോ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ഠൻ എന്ന് പറയാം അകത്ത് വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക ധ്യാനം ഹൃദയത്തിൽ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ശരീരം അറിഞ്ഞുകൊണ്ടിരിക്കും പലതും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഹൃദയത്തില് ആ ഭഗവത് ആനന്ദത്തിനെ അനുഭവിക്കുക അനുഭവിക്കുക അനുഭവിക്കുകയും ശരീരത്തിലല്ല നമ്മൾ ഇരിക്കണത് ശരീരത്തിലിരിക്കുമ്പോഴും അശരീരികളായിട്ട് തീരും വിദേഹിയായിട്ട് തീരും ദേഹത്തിലിരിക്കുമ്പോഴും നമ്മൾ വിദേഹിയായിട്ട് തീരും ദേഹം ഉണ്ടാവും പക്ഷെ ദേഹത്തിനെ കുറിച്ച് ചിന്തയുമില്ല ദേഹത്തിനെ കുറിച്ച് അറിയുമില്ല അറിവുമില്ല നിത്യനിരന്തരമായി ആ ആത്മസുഖത്തിനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരെയാണ് പറഞ്ഞത് അഭിതോ ബ്രഹ്മ നിർവാണം വൃത്തദേവിദിതാത്മനാം അതറിഞ്ഞു കഴിഞ്ഞവർ അവരെങ്ങനെയാ ഉള്ളിൽ അതിനെ അനുഭവിക്കുന്നത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കുക അവരെങ്ങനെ ആ ബ്രഹ്മയോഗയുക്താത്മാ എന്നൊക്കെ പറഞ്ഞുവല്ലോ അധ്യാത്മയോഗം ബ്രഹ്മയോഗം എന്നൊക്കെ പറഞ്ഞുവല്ലോ അതാണ് ഭഗവാൻ ഈ കൺക്ലൂഷനിൽ പറയണത് അത് അടുത്ത അധ്യായത്തിന് ഒരു ആമുഖം കൂടിയാണ് സ്പർശാൻ കൃത് ബഹിർബാഹ്യ ചക്ഷുശ്ചൈവാതേ ഭ്രുവോഹും പ്രാണാപാനൌ സമോ കൃത്വം ിണോ യ്രിമനോ ബുദ്ധി മുനിക്ഷപരാണ വിഗദേച്ഛാഭയോധ സുക്തേവ്യർശനനിഷാ സദ്യ മുക്തിയുക്ത കർമ്മശ ഈശ്വരാർപ്പതസർവഭാവന ഈശ്വരെ ബ്രഹ്മണി ആധാ കിയമാണ സത്വശുദ്ധിജാനപ്രാതിസവർകർമ്മസന്യാസക്കമേണ മോക്ഷാതി ഭഗവാൻ പദേ അഥ ഇനയോ സമ്യക്ദർശന അന്തരംഗം വിസ്തരെണ വക്ഷ്യമ സൂത്രസ്ഥാന ശ്ലോക സ്മ ഇനി ധ്യാനയോഗം പറയുന്നതിന് മുമ്പ് അതിനൊരു സൂത്രസ്ഥാനീയമായ ശ്ലോകങ്ങൾ എന്ന് വെച്ചാൽ അതിനെ മുഴുവൻ ചുരുക്കി പറയുക എന്നുള്ള ഒരു ശ്ലോകമാണ് ഭഗവാൻ രണ്ട് ശ്ലോകങ്ങൾ ചേർത്തിയാണ് ഭഗവാൻ ഇവിടെ പറയണത് സ്പർശാൻ കൃത് ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാ ബ്രുവോ സ്പർശാൻ ശബ്ദാദീന് ബഹി ബാഹ്യാൻ ബഹിക്ൃവാത്രാദിദ് അന്തഹ ബുദ്ധ പ്രവേശിത ശബ്ദാദയ വിഷയാ താൻ അചിന്തയത ശബ്ദാദയ ബാഹ്യ ബഹി കൃതീ എന്നുവെച്ചാൽ പുറമേ നിന്നും ശബ്ദം ഉണ്ടാവും പുറമേ നിന്നും എന്തെങ്കിലും വസ്തുക്കളെ കണ്ണു കാണും പുറമെ പല വസ്തുക്കളും രൂചിക്കാനുണ്ടാവും സ്പർശിക്കാനുണ്ടാവും അതിലൊന്നും ശ്രദ്ധയില്ലാതെ ആ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇയാളുടെ ശ്രദ്ധ അവിടെയില്ല സാധാരണ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മൾക്ക് ആലോചിക്കുമ്പോൾ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും കാണില്ല എന്തൊക്കെ പറയുണ്ടെങ്കിലും കേൾക്കില്ല അങ്ങനെ ഇരുന്നു പോകുന്നുണ്ട് ഇതിപ്പോ ഭഗവത് നിഷ്ഠമാവുന്ന ബുദ്ധി പതുക്കെ പതുക്കെ ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങളിൽ നിന്നൊക്കെ പിൻവലിയുന്നു സ്പർശാൻകൃത്വാ ബഹിർബാഹ്യാന് ചക്ഷുശൈവ അന്തരേ ഭ്രുവോഹോ കണ്ണൊക്കെ തന്നെ അന്തർമുഖമായി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കിത്തെരുതരെ വീണു വണങ്ങിയോതിടേണം കണ്ണുകളൊക്കെ തന്നെ അന്തർമുഖമായി ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖമായി ചക്ഷുഷ് ചെയ്വാതരെ ബ്രൂഹോ ബ്രൂമധ്യത്തിൽ എന്ന വണ്ണം കണ്ണ് നിഷ്ഠമായിട്ട് തീർന്നു പ്രാണാപാനവും സമൂ പ്രാണായാമം ഒക്കെ ഗുരുവിൽ നിന്നൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് വളരെ ഒരു സിമ്പിൾ പ്രാണായാമമാണ് ഇതിന് നമുക്ക് ആരും പറഞ്ഞു തരണമെന്നില്ല വെറുതെ പ്രാണനെ ശ്രദ്ധിച്ചാൽ മതി വിഷമമായിട്ട് പ്രാണൻ ചലിക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടും പ്രാണനെ വെറുതെ നമ്മളെ ശ്രദ്ധിക്കുകയാണ് പ്രത്യവേക്ഷ പ്രാണായാമം എന്ന് പേരും പ്രത്യവേക്ഷണം നോക്കുകയാണ് സമയം കിട്ടുമ്പോ ഒന്നുമില്ലെങ്കിൽ വെറുതെ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അത് ഉള്ളിൽ പോകുന്നതും പുറത്തു വരുന്നതും ക്രമേണ അത് നെഞ്ചുവരെ പോണത് അടിവയറ് വരെ പോകുന്ന വരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ തന്നെ പ്രാണായാമം ഉണ്ടാവും വളരെ സിമ്പിളാണ് വളരെ മെനക്കെട്ടതുമാണ് നമുക്ക് കാണുമ്പോൾ തോന്നും ഏറ്റവും സിമ്പിൾ പ്രാണായാമമാവണം തോന്നും ഇതിനേക്കാളും ഒക്കെ നമുക്ക് ശ്വാസം പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യാം പക്ഷെ ഈ പ്രാണായാമം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശ്രദ്ധിക്കുക എന്നുള്ളതുപോലെ കാര്യമൊന്നുമില്ല ഏറ്റവും സിമ്പിൾ കാര്യമൊക്കെ വളരെ വിഷമാണ് നാമജപം ഏറ്റവും സിമ്പിളാണ് പക്ഷെ ചെയ്തു നോക്കൂ സിമ്പിൾ ആണെങ്കിൽ എത്ര മഹാത്മാക്കളും ഭാഗവതന്മാരും ജീവൻ മുക്തന്മാരും നാട്ടിലുണ്ടാവണോ കാര്യം സിമ്പിളാണ് രാമ രാമ രാമ എന്താ വിഷമം ചെയ്യില്ല ചെയ്യാ വളരെ സിമ്പിളാണെങ്കിലും എന്തൊക്കെ സാധിക്കണോ മനുഷ്യൻ അല്ലെ അപ്പോ പ്രാണാപാനവും സമൂകൃത്വ പ്രാണാപാനന്മാർ പ്രാണനുള്ളിൽ പോകുന്നതും പുറത്തു വരണേ വെറുതെ മതി എന്നാണ് ഇതിനാരും പഠിപ്പിക്കുകയേ യഥേന്ദ്രിയ മനോബുദ്ധി പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ ഭൂജിക്കുന്നത് താളത്തിലാക്കി നിർത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയൊക്കെ ചെയ്ത് മോക്ഷപരായണ പരിപൂർണമായ ഭഗവത്പ്രാപ്തി അഥവാ ജീവൻ അഥവാ തത്വജ്ഞാനം ഉണ്ടാവുന്നതാണ് ജീവിതലക്ഷ്യമെന്ന് വ്രതമെടുത്ത് വിഗതയിച്ഛാഭയക്രോധ എങ്ങനെ ഇരിക്കുന്നു അവന് ഡിസയർ ആഗ്രഹമില്ല ഭയമില്ല ക്രോധമില്ല ഈ മൂന്നും കൊണ്ടാണ് മനസ്സ് ശമിക്കുന്നത് മനസ്സ് പുറത്ത് ചഞ്ചലപ്പെടുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ ഭയം ഉണ്ടാവും ക്രോധമുണ്ടാവും ആഗ്രഹമുള്ളവൻ പേടിയുള്ളവനായിരിക്കും ക്രോധമുള്ളവനുമായിരിക്കും അപ്പൊ വികദേച്ഛാഭയക്രോധ ആഗ്രഹമോ ഭയമോ ക്രോധമോ ഇല്ല അങ്ങനെ നിത്യനിരന്തരം ധ്യാനയോഗത്തിനെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നവൻ സദാ ആരങ്ങനെ നിരന്തരം ഭഗവത് നിഷ്ഠനായ അന്തർമുഖനായിരിക്കുന്നു അവൻ മുക്തൻ തന്നെ അവൻ ജീവൻ മുക്തൻ തന്നെ മുക്തയേവ സഹ ഇറ്റ്സ് ഗാരണ്ടീഡാണ് അവൻ മുക്തനാണ് നിരന്തരം ധ്യാനയോഗത്തിലിരിക്കുന്നവൻ മുക്തനാണ് ഇത്രയും പറഞ്ഞ് അപ്പൊ ഈ സാധനയൊക്കെ ഭഗവാനെ നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കോ അങ്ങനെയൊക്കെ നമുക്ക് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചോ നാമം ജപിച്ചോ പ്രാണായാമം ചെയ്തോ ശാസ്ത്ര വിചാരം ചെയ്തോ ഒക്കെ പറ്റുമോ എന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് നിനക്ക് വേണമെന്ന് തോന്നിയാൽ മതി നീ നടന്നു തുടങ്ങൂ ബാക്കി ഞാൻ പൊക്കിക്കൊണ്ടുപോയിക്കൊള്ളാം പക്ഷെ നീ അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ ആദ്യം ഈ ജീവൻ സങ്കൽപ്പിക്കണം പിന്നെ ഭഗവാൻ ബാക്കിയൊക്കെ ചെയ്തോളൂ ഒരു സ്റ്റെപ്പ് നീ നടന്നാൽ തൊണ്ണൂറ്റി സ്റ്റെപ്പ് ഞാൻ വയ്ക്കാം പക്ഷേ ഒരു സ്റ്റെപ്പ് നീ വെച്ചിട്ടില്ലെങ്കിൽ എന്റെ സൈഡൊന്നും മൂവ്മെന്റ് ഉണ്ടാവില്ല അടുത്ത ശ്ലോകം നോക്കൂ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതം ജ്ഞാ മാം ശാന്തി ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഭക്തവാത്സല്യം പ്രിയം എന്താ പറയാ പ്രേമ അതൊക്കെ നിറഞ്ഞിരിക്കണം ഈ ശ്ലോകത്തിൽ ഭോക്താരം യജ്ഞ തപസാം ഇത്രയും നേരം ആ സാധന ചെയ്യോ അത് ചെയ്യോ ഇത് ചെയ്യോ അനുഷ്ഠാനം ചെയ്യോ ഒക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവസാനം പറയാണ് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സിന്റെയും ഫലത്തിനെ ഭുജിക്കുന്നത് ഈ ജീവനല്ല ഉള്ളിലിരുന്നു കൊണ്ട് ഞാനാണ് ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സർവലോകങ്ങൾക്കും ഈശ്വരനായിട്ടുള്ളവനും യജ്ഞത്തിനും തപസ്സിനും ഒക്കെ മൂലകാരണമായിട്ടുള്ളവനുമായ ഞാൻ സുഹൃതം സർവഭൂതാനം അങ്ങനെയുള്ള ആളെ എവിടെ പോയി കണ്ടുപിടിക്കും സർവഭൂതാനാം സുഹൃത്ത് എല്ലാ പ്രാണികൾക്കും സുഹൃത്തായി കൂട്ടുകാരനായി അഥവാ ഹൃദയത്തിലിരിക്കുന്നവനായി സുഹൃത്തിലിരിക്കുന്നവനായി കൂടെ നടക്കുന്നവനായി നമ്മളെ വഴി കാണിച്ചുകൊണ്ട് നടക്കുന്നവനായി രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ എന്നൊക്കെ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ കൂടെയിരിക്കാം എന്നെ രക്ഷിക്കാം നിനക്ക് എന്നെ കാണാം ഞാൻ രക്ഷിക്കുന്നത് നിനക്ക് കാണാം എന്നൊക്കെ അങ്ങനെയൊക്കെ കൂടെ ഉള്ള സുഹൃദം സർവഭൂതാനാം അങ്ങനെ ഭഗവാനെ ഒരാൾ കണ്ടുകഴിഞ്ഞാൽ കോൺസ്റ്റന്റായിട്ട് ആ സാന്നിധ്യത്തിനെ ഒരാൾ അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തി മറിച്ചതി കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് അമ്മ എടുത്തുണ്ടെങ്കിൽ അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ശാന്തമായിരിക്കും അതുപോലെ ഭക്തന് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തനാവും ജ്ഞാത്വാമാം ശാന്തി മൃച്ചതി സാന്നിധ്യം അറിഞ്ഞു ഗോപസ്ത്രീകൾ കൃഷ്ണനെ അന്വേഷിച്ച് അവിടെ ഇവിടെ അവിടെ ഇവിടെ നടന്നു സുഖബ്രഹ്മ മഹർഷി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തിരി ചിരിച്ചു ഗോപസ്ത്രീകൾ തുളസിയോടും അശോകത്തിനോടും ചമ്പകത്തിനോടും ഒക്കെ കണ്ണനെവിടെ കണ്ണനെവിടെ എന്ന് ചോദിച്ചു നടക്കുമ്പോ ശ്രീശുഖാചാര്യർ പറഞ്ഞു ഇവരെ ആരെയാ അന്വേഷിക്കുന്നത് പപ്രച്ചുഹൂ വനസ്പതിന് യോ ആകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമപുരുഷനെ ഉള്ള വനസ്പതികളോടും ചെടികളോടും പുഷ്പത്തിനോടും ഒക്കെ കണ്ണനെ കണ്ടുവോ എന്ന് ചോദിച്ചു നടക്കുന്നു അങ്ങനെ ചോദിച്ച് നടക്കുന്നവർ ഒരിടത്തെത്തിയപ്പോ മുല്ലപ്പൂവിന്റെ ഗന്ധത്തോടുകൂടെ ആ പരിമളത്തോടുകൂടെ കലർന്നു അച്യുതന്റെ പരിമളം അനുഭവിച്ചപ്പോ ശാന്തരായി കുന്ദസ്രജ കുലപതേഹേ ഇഹവാതി ഗന്ധ ആ ഭഗവാനുമായി സമ്മിശ്രമായിട്ടുള്ള മുല്ലപ്പൂഗന്ധം അനുഭവിച്ചു എന്നിട്ട് ഭഗവാനെങ്ങനെ വണക്കും അച്യുതന്റെ ഗന്ധം എന്ന് വെച്ചാൽ എന്താ അർത്ഥം അത് ഗന്ധമെന്നൊരു വാക്കു ഭഗവത് സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ഭക്തൻ ശാന്തനാവണത് ആ ഭഗവാൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് കൃഷ്ണൻ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോ അടുത്ത് ഭഗവത് സാന്നിധ്യത്തിനെ അനുഭവിക്കുമ്പോ ആ സാന്നിധ്യ സുഖം ഏർപ്പെടുമ്പോ ഭോക്താറും യജ്ഞതപസാം നമ്മളുടെ നമ്മൾ ചെയ്യുന്ന തപസ് നമ്മൾ ചെയ്യുന്ന നാമജപമൊക്കെ ഞാനല്ല ചെയ്യണത് എന്റെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ ഫലം അനുഭവിക്കുന്നതും ഭഗവാനാണ് ഞാനെന്ന് പറയണ ഈ ശരീരം വെറുവൊരു യന്ത്രമാണ് ഉള്ളിൽ ജപിക്കുന്നതും കൃഷ്ണനാണ് ജപഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ് യജ്ഞം തപസ്സൊക്കെ ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ് അതിന്റെ ഭോക്താവും കൃഷ്ണനാണ് എന്റെ സുഹൃത്തായി നിരന്തരം എന്റെ കൂടെ നടക്കുന്നു ഭഗവാൻ ശാന്തി മറിച്ചാതി ശാന്തമാവും അപ്പോ ശാതിലോകമഹേശ്വരം സുഹൃദം സർവൂതാണി പ്രത്യുപകാരനിരപേക്ഷതയാപകാരിണം ഹൃദയേഷയം കർമ്മഫലാധ്യക്ഷം പ്രത്യസാക്ഷിണ മാം നാരായണ ജ്ഞാ ശാന്തിസാരപരതി ആ നാരായണനെ അറിഞ്ഞിട്ട് ശാന്തി ശാന്തി എന്ന് വെച്ചാൽ സമാധി എന്നർത്ഥം ജ്ഞാന സമാധി ഹൃദയത്തിനുണ്ടാവും ഭഗവാന്റെ സാന്നിധ്യത്തിനെ നിരന്തരം അനുഭവിക്കണം നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനെ ഓർത്തുകൊണ്ട് നിരന്തരം നാമം ജപിക്കുക നാമജപം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യല്ല നാരായണൻ ഉള്ളിലിരുന്ന് ചെയ്യിപ്പിക്കുകയാണ് കൃഷ്ണൻ ഉള്ളിലിരുന്ന് ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്റെ എന്നെ ജപം ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ് ആ ജപത്തിന്റെ ഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ് കൃഷ്ണ സാന്നിധ്യം നിരന്തരമുണ്ട് ഞാൻ വെറും ഒരു യന്ത്രമാണ് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് യോഗക്ഷേമം വഹാമ്യഹം ആ ഭഗവത് സാന്നിധ്യത്തിന് അനുഭവിക്കുകയാണെങ്കിൽ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ശാന്തി സമാധി ഭഗവത് ധ്യാനം അധ്യാത്മയോഗം കൈക്കോടും ശാന്തി ഇതിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇനി ജീവിക്കാം ദൈനംദിന ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വ്യവഹാര ജീവിതത്തിൽ ഭഗവാനെ ഭോക്താവാണെന്നും കർത്താവാണെന്നും നമ്മളുടെ സുഹൃത്താണെന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കാം ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം സർവകർമ്മ ഫലാധ്യക്ഷനായി സർവപ്രത്യയ സാക്ഷിയായി ഹൃദയത്തിലുണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക നമ്മളുടെ ഉള്ളിൽ വരുന്ന ഓരോ ചിത്രവൃത്തികൾക്കും സാക്ഷിയായി അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ എന്ന് ആ നാരായണൻ അന്തര്യാമിയായി സർവപ്രത്യയ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ടെന്നും നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്നും നമ്മളുടെ സുഹൃത്താണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ശാന്തി ഉണ്ടാവും ആനന്ദമുണ്ടാവും ധന്യതയുണ്ടാവും പൂർണ്ണതയുണ്ടാവും ഭഗവത് പ്രാപ്തിയും ഉണ്ടാവും ശ്രീമഹാഭാരതസഹസ്രം സംതം വൈയാസ്യം ഭീഷ്മണി ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാ സോ നാമ പഞ്ചമോധ്യായ അങ്ങനെ അഞ്ചാമത്തെ അധ്യാ നമ്മള് ഭഗവതർപ്പണം ചെയ്യാണ് ഇനി അടുത്ത അധ്യായം അടുത്ത സന്ദർഭത്തിൽ കാണാം ഇനിയിപ്പോ ഇന്നലെ വരാൻ പോകുന്ന സത്സംഗങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞു അത് അവസാനം ഒരിക്കൽ അനൗൺസ് ചെയ്യാം ഇപ്പോ നമ്മൾ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ ശ്രീ വെങ്കടാചലം അവൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്ത് നമ്മൾക്കൊരു യജ്ഞസമർപ്പണത്തിന് വേദി ഒരുക്കിത്തരും അദ്ദേഹത്തിന് ഇവിടെ ക്ഷണിക്കുകയാണ് അതിനുശേഷം നാമസങ്കീർത്തനം ചെയ്ത് യജ്ഞ അക്ഷതയും വാങ്ങിച്ച് യജ്ഞ വാങ്ങിച്ച് എല്ലാവർക്കും പോവാം